ാണ് അഥച്ചും നിത്യജാതും നിത്യമാനസ് നാം തഥാപിത്വം ഭാഗാവ് നിങ്ങൾ ചോദിക്കും മനസ്സിലോടെ ദേഹത്തിൽ ഉത്പത്തി വിനാശങ്ങൾ അവർ അവര് ചെറിയ ഭാഗം മാത്രമാണ് ദേഹം പരിണാമ സ്വഭാവമുള്ളതാണ് അതുകൊണ്ട് അതിന്റെ ഉത്പത്തി വിനാശം അവർജനീയമാണ് അത് സംഭവിച്ചിട്ട് കൊണ്ട് നീ ദുഃഖിക്കേണ്ട കാര്യമില്ല അതിനെ കുറിച്ചുള്ള വിശേഷ കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞത് അടുത്ത് ജാതസ്സിന്മസ് പരിഹാരം സൂചിത കുറിപ്പിക്കേണ്ട കാര്യമില്ല ജാതസ് ധ്രുവ ഉത്പന്ന വിനാശോധം സർവസമ്മതമായ കാര്യങ്ങളും ഉത്പന്നമായ നശിക്കും അണുക്കൾ നിൽക്കും ഇതൊക്കെ വളരെ പ്രസിദ്ധമാണ് ഉത്പന്നമായ സർവകം നശിക്കും ആ വർജനീയ ഉപ ലഭ്യതയിൽ ഒരിക്കലും വർജിക്കാൻ ഒഴിവാക്കാൻ നിയമം കൃതകം സനിക് എന്താണ് അതെല്ലാം സർവസമ്മതമായ ഒരു ജന്മ അവർ ജനീയം അതുപോലെ തന്നെ വിനഷ്ടമ അവർ ജനീയം നശിച്ചതിന്റെ ജന്മവും ഒഴിവാക്കാൻ പറ്റത്തില്ല ഇക്കാര്യത്തിലാണ് രാമാനുചാചാര്യരുടെ കൂടുതൽ വിശ്വസിക്കുകയില്ല കാരണം ആദ്യം പറഞ്ഞ കാര്യത്തിൽ ആർക്കും തർക്കമുള്ള കാര്യങ്ങളെ നശിച്ചത് കീഴിലും ജനിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ശങ്കരഭാഷ്യത്തിൽ അങ്ങനെ രണ്ടുപേരി ഓടിച്ചങ്ങ് പോയി അപ്പോ ഇതൊരു ചെറിയ സംഭവം വെറുതെ പറഞ്ഞാൽ മതിയാസിച്ച എന്താ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഇപ്പൊ ഈ മേസ മെസ്സും ഇതെല്ലാം ഉണ്ടാവും പ്രസ്തകം നാളെ നശിച്ചു ഇതും തമിഴിലും ഉണ്ടാകണം അപ്പൊ നശ്ചരത്തെ വീണ്ടും എനിക്കും നോക്കും അത് ചങ്കരഭാഷ്യം വായിക്കുമെന്ന് നമുക്ക് തോന്നും വ്യക്തമായി പറയുന്നുണ്ടെങ്കിലും അത് പുനർജന്മത്തെക്കുറിച്ചാണ് പറയുന്നത് പക്ഷെ പുനർജന്മം എന്ന് പറയുമ്പോൾ ആത്മാവിനെ സംബന്ധിച്ചല്ലേ ശരിയാണ് ആത്മാവിന്റെ പുനർജന്മം ആത്മാവ് വേറൊരു ശരീരം സ്വീകരിക്കുക അവിടെ പുനർജന്മത്തെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചത് ശരിയാണ് ഒരു ശരീര സംബന്ധം വിടുന്നതാണ് മരണം ആത്മാവിന്റെ മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നത് ജനനം അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ വേണ്ടി ജനിക്കും എന്ന് പറഞ്ഞാൽ അത് പുനജന്മത്തെ സംബന്ധിച്ച് ശരിയാണ് പക്ഷെ നഷ്ടം എന്ന് പറയുമ്പോ അത് ആത്മാവിനെ സംബന്ധിച്ച് മാത്രമുള്ള കാര്യങ്ങളും ആ ജീവാക് പക്ഷേ നഷ്ടം എന്ന് പറയുമ്പോൾ അങ്ങനല്ല ഇപ്പൊ ഈ മേസി നഷ്ടമാണ് അതുണ്ടാവില്ല അതിനെ കുറിച്ചാണ് ഇവിടെ രാമാനുജാചാര്യ കൂടുതൽ ചിന്തിക്കുന്നത് അപ്പൊ നഷ്ടമായത് ആത്മാവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ കുറവു ഈ ലോകത്ത് പ്രത്യേകിച്ചും രാമാനുജ ആചാര്യത്തെ സംബന്ധിച്ചിടത്തോളം വിശിഷ്ടമാണ് പരമാത്മാവ് ചിത്തിനും കൂടെ പ്രാധാന്യമുണ്ട് അതുപോലെ പ്രാധാന്യമുണ്ട് ജട്ടം അച്ചിത്തിനും പ്രാധാന്യമുണ്ട് ചിത്തം എന്ന് പറയുന്ന അച്ഛത് വിശിഷ്ടമാണ് ആ ഒരു വൈശിഷ്ടയുടെ സ്രവത്തിനുണ്ട് അങ്ങനെ ചെയ്യുമ്പോ എന്നിട്ടൊരു ബന്ധം വൈശിഷ്ടം ബന്ധമാണ് സംബന്ധം നശിച്ചത് വീടും ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയോ അപ്പൊ അതിനെ കുറിച്ച് കൂടെ വിശദമായി പറയുകയാണ് ഒരു താർക്കിക ശൈലി പഴയ രീതിയിൽ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചവർക്ക് താർക്കികന്മാരെ പിന്തുണ ബന്ധപ്പെട്ട പദാർത്ഥ ചിന്ത അവർക്ക് അവരുടെ ശൈലിയാണ് എല്ലാവരും സ്വീകരിക്കുകയും പദാർത്ഥങ്ങളെ കുറിച്ച് എല്ലാം പറയുമ്പോൾ അഭിപ്രായ വ്യത്യാസമാണ് സാങ്കേതികമായ പദാർത്ഥമല്ല തർക്കികന്മാർ നയായികന്മാർ വൈശേഷികന്മാര് അതിലൊക്കെ വ്യത്യാസം ഉണ്ടെന്നുണ്ട് ഈ ചിന്ത അതേ രീതിയാണ് അപ്പൊ ആ ചിന്താരീതി അവലംബിച്ചിട്ട് അന്ന് ഈ പ്രപഞ്ചത്തോട് ചിന്തിക്കാൻ കഴിയും സയന്റിഫിക് മെത്തഡോളജി എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും പണ്ടില്ല എല്ലായിടും പ്രയോഗിക്കുന്ന എന്താണ് മനുഷ്യന്റെ കേവലമായ യുക്തി എല്ലാം യുക്തിയിലൂടെ സമാധാനം കണ്ടെത്തി ചിന്തിക്കുകയും ചിന്തിച്ച് ഇപ്പോ ആത്മീയത്തെക്കുറിച്ച് മാത്രമല്ല ഭൗതികത്തെക്കുറിച്ച് ചിന്തിച്ചാണ് പരിഹാരം സമാധാനം അപ്പൊ അതിന്റെ പുസ്തകമാരാണ് കാർത്തികന്മാര് ഭാര്യയിലൂടെ ചിന്തിക്കുകയാണ് അങ്ങനെ നശിച്ചു കഴിഞ്ഞത് എന്റെ ജന്മം അത് എന്താ വളരെ ചിന്തിക്കുന്നു കഥം ഇടമൂപത്തിരേത്തിരി ഉത്പത്തിൽ നശിച്ചതിന്റെ ഉത്പത്തി നശിച്ചത് വീണ്ടും ഉണ്ടാവും എന്നുള്ളത് കഥം ഇടമൂപത്തി ഇതെങ്ങനെ യുക്തിക്ക് നൽകും ഏഴ് കാലത്ത് കഥ വേണ്ടത് യുക്തിക്കൂടെ നൽകും രേഖകൾ പറയുക ഇത് കേവലം ഔപദേശികമായി പറയുക രണ്ടു കാര്യങ്ങൾ പറയാനുള്ള ഒന്ന് ഔപദേശി ഉപദേശം ഉപദേശിക്കുന്നു അത്രയേ ഉള്ളൂ അതിന് സമർപ്പിക്കാൻ യുക്തികളൊന്നും ഇത്രയും വിശ്വാസവും ഉണ്ട് എന്ന കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അവിടെ പോകും അത് വേദം ഉപദേശിക്കുന്നു അത്ഔപദേശികമാണ് യുക്തിയിലൂടെയൊന്നും അതിനൊന്ന് സമർത്ഥിക്കാൻ കിട്ടും എന്തുകൊണ്ടത് അത് അതീന്ദ്രിയമായ ഒരു വിഷയമുണ്ട് അവിടെ എന്തായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ ഉപദേശികമൊന്നും ഇന്നും മികവാറും അങ്ങനെയൊക്കെ തന്നെയാണ് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചു ഉപദേശങ്ങളൊന്നും പ്രാക്ടിക്കൽ ഒന്നും ആണ് ആവണമെന്ന് ആർക്കും നിർബന്ധമില്ല പക്ഷെ ഉപദേശം എങ്ങനെ ഇഷ്ടംപോലെ പറഞ്ഞുകൊണ്ടേ അതൊക്കെ കേവലം ഔപദേശികമാണ് പലതും യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയായിരിക്കും പ്രായീമായിരിക്കും അതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു നിർബന്ധമില്ല അതാണ് ഈ സ്വർഗ്ഗം പോലെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഉപദേശികൾ ശ്രുതി പറഞ്ഞ് ആൾക്കാർ കേൾക്കുന്നു വിശ്വസിക്കുന്നു എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യുന്നു രാഘവും മറ്റൊരു മരിച്ച അവിടെ പോകുന്നു ഇല്ല ഇല്ല യുക്തിയൊക്കെ തീരുമാനിക്കാൻ പറ്റില്ല അതുകൊണ്ട് പറയുകയും ഇത് കേവലം ഉപദേശികം ഔപദേശികമാണോ അല്ല എന്നാണ് പറയുന്നത് ഇത് ഇതിന് ഉപപത്തിയുണ്ട് യുക്തിയുണ്ട് അതെങ്ങനെ നശിക്കുന്നതെല്ലാം വീണ്ടും ജനിക്കും ഈ മേശയും ദസേര് പുസ്തകവും എല്ലാം ജനിച്ചു അത് എങ്ങനെയെന്നുള്ള അതിൻ്റെ യുക്തിയാണ് ഇവിടെ പറയുന്നത് സതജൈവ ഉപത്തി ഉപലബ്ധയെ അസതച്ച അനുബന്ധത്തേ സത് സത്വങ്ങളുടെ ദ്രവ്യം സത്തായ ദ്രവ്യത്തിൻ്റെ കൂടെ ഉത്പത്തി നമ്മൾ അനുഭവപ്പെടുന്നത് ഒസവ സത്തായ ഒരു ദ്രവ്യമാണ് മേശ സത്തായ ഒരു ദ്രവ്യമാണ് ഇതിന്റെ ഉത്പത്തി നമുക്ക് അനുഭവപ്പെടുന്നത് ഉണ്ടാകുന്നുണ്ടല്ല എന്ന് അസതശ അനുഗ്രഹത്തിൽ അസത്താണെങ്കിലോ അതിന്റെ ഉത്പത്തിയായി അറിവ് ഇല്ലാത്ത സത്തായ ദ്രവ്യത്തിന്റെ ഉത്പത്തി നമുക്കറിയാം അസത്തിന്റെ ഉത്പത്തി കാണുന്നില്ല ഉത്പത്തി വിനാശാതെയോ സതോ ദ്രവ്യ അവസ്ഥ ഉത്പത്തി വിനാശം എന്ന് പറയുന്നതിന് നശിച്ചുണ്ടാവുമോ അതിനൊക്കെ സംശയം ഉണ്ടാകുന്നത് എന്താണ് ഉത്പത്തി വിനാശം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ വരുന്ന വ്യത്യാസം ഉത്പത്തി വിനാശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വസ്തുക്കളുടെ ഓരോ അവസ്ഥ അവസ്ഥ മാറുന്നതിനർത്ഥമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പുസ്തകത്തിൽ നിന്നും മറ്റൊരു അവസ്ഥ ഉണ്ടാവാം അവിടെ ഈ പുസ്തകത്തിന്റെ നാശവും ഈ പുസ്തകത്തിന്റെ മറ്റൊരു അവസ്ഥയിൽ ഇതിന്റെ ഉത്പത്തി സംഭവിക്കുന്നു വേറൊരവസ്ഥ അതാണ് ഉത്പത്തി എന്ന് പറഞ്ഞാൽ പ്രശ്നം തോന്നും അങ്ങനെ അല്ലാതെ ഈ പറയുന്നതിന് അർത്ഥമുണ്ടാകത്തില്ല എന്താണോ ധ്രുവസ് ചെയ്തെന്താണ് എല്ലാത്തിനും ഇത് യോജിപ്പിക്കും കേവലം ആത്മാവിന് മാത്രം യോജിപ്പിച്ചപ്പോൾ എന്താണ് രാമാനു കല്യാണ ജാഗസ് രൂമ എന്ന് പറയുന്നത് ആത്മാവാണോ അനാത്മാവാണോ എന്നും പറയുന്നില്ല ജനിച്ചാൽ മരിക്കുന്നൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ മനസ്സിൽ വരുന്നു ഇത് ആത്മാവിനെ കുറിച്ച് പറയുന്നതാണ് അങ്ങനെ അങ്ങനെയൊരു വിശേഷാർത്ഥം കൂടെയാണ് എന്ത്യായാലും വീണ്ടും ഉണ്ടാവും മറ്റൊരു അവസ്ഥ അതിനെ പ്രാപിക്കും ഇതാണ് രാമാചാര്യ ഈ ആത്മാവിന്റെ കാര്യങ്ങൾ പറയുന്നതോ അത് കേവലം പ്രമാണസിദ്ധമായൊരു കാര്യമാണ് ലോകസിദ്ധമായ കാര്യമല്ല പ്രമാണസിദ്ധം എന്ന് വെച്ചാൽ ശ്രുതി അതിലൂടെ സിദ്ധമാണ് ശ്രുതി പറയുന്നത് ത്മാവുണ്ട് അല്ലെങ്കിൽ അനുമാന പ്രമാണം അതിലൂടെ സിദ്ധമാണ് ആത്മാവുണ്ട് ഏലപ്പ പൂർണ്ണമായ ശുദ്ധിയിലൂടെയാണ് സിദ്ധമാണ് അങ്ങനെയുള്ള ഒരു വസ്തു അത് നശിക്കുന്നുമല്ലോ അത് ജനിക്കുന്നുമല്ലോ അതിനു വേണ്ടിയിട്ട് ജാതസ്യ ധ്രുവം അതിന് ശരിക്കും ഇത് ചേരുന്നതും അല്ലേ അപ്പൊ എന്തൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നു അതിനെല്ലാത്തിനും ഇത് ചേരണം എന്തൊക്കെ ഇവിടെ ഉണ്ടാകുന്നു അതിനസിക്കും മരി ഉണ്ടാവുകയും ചെയ്യാത്ത ആത്മാവിനങ്ങനെ ശരിയാണ് ഇപ്പൊ ശങ്കരാചാര്യക്കാളും രാമാനുചാരി കൂടെ കുറച്ചുകൂടി കടന്നു ചെന്തിക്കുകയാണ് മലയാളികളും മലയാളികളും മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പ്രാദേശിക ഭാഷകളിലെല്ലാം ഗീതാ വ്യാഖ്യാനങ്ങളും മിക്കവാറും പതിര ശതമാനം വരെ ആശ്രയിച്ചിരിക്കുന്നത് ശാങ്കരഭാഷയ്ക്കാണ് എല്ലാവരും ഭ്രമിച്ചിരിക്കുന്നത് എന്താണ് ശങ്കരാചാര്യ എഴുതി വെച്ചത് മാത്രമാണ് ഗീതയുടെ അർത്ഥമുള്ളത് അതല്ല ഗീതയുടെ അർത്ഥം അത് മാത്രമാണ് അങ്ങനെയൊരർത്ഥം പറയാം പിന്നെയാണ് രാമാനുചാര്യ കുറച്ചുകൂടി മുമ്പോട്ട് പോവുകയാണ് അതിനും കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കുന്നു ഗീത അല്ലെങ്കിൽ പറയുന്ന പോലെ ആത്മാവിനെ സംബന്ധിച്ച് ജനിക്കുന്നു മരിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ ജനന മരണങ്ങളെല്ലാത്തിനും എടുക്കുക പിന്നെ ജീവന്റെ ജനന മരണം അപ്പൊ ജീവൻ ആരാണ് ഇങ്ങനെന്ന് പറയുന്ന എന്താണ് അത് സൂക്ഷ്മ ശരീര സംഘാതത്തോടു കൂടിയ ചൈതന്യം എന്ന് പറഞ്ഞാൽ അതിനു ഒരിക്കലും ജനന മരണങ്ങളിൽ അതെങ്ങനെ തുടർന്നുകൊണ്ടേക്കുക അത് എനിക്ക് മരിക്കുകയും ചെയ്യുന്നു പിന്നെ പറയാം എന്താണ് സ്ഥൂല ശരീരത്തിന്റെ സംബന്ധം സംയോഗം അത് ജനനം സ്ഥൂല ശരീര വിയോഗം മരണം ഇങ്ങനെയൊക്കെ പറയേണ്ടിയിട്ടുണ്ട് അധ്വാന അങ്ങോട്ടൊരു അമ്മചായ കുറയുമ്പോൾ അങ്ങനെയൊരു ചിന്തിക്കണ്ട എല്ലാ വസ്തുക്കളും കൂടെ ചിന്തിച്ച് ചിന്തിക്കുക ഇങ്ങനെയൊക്കെ കൂടി ഗീതയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് അതാ ശങ്കരച്ച് മാത്രം അല്ല എന്നാണ് ഇനി മനസ്സിലാക്കുന്നത് ഇന്ന് ജീവിതയ്ക്ക് ഒരു വ്യാഖ്യാനമുള്ളത് ഹരേ രാമ ഹരേകൃഷ്ണ അവരുടെ വ്യാഖ്യാനം കോടിയ സമ്പ്രദായം അനുസരിച്ച് അത് അവരുടെ ഒരു സിദ്ധാന്തമനുസരിച്ചുള്ള ഒരു വ്യാഖ്യാനം അതും ശങ്കരഭാഷയത്തിന് ശക്തമായി എതിർക്കുന്ന ഒരു വ്യാഖ്യാനം ഇവിടെ ശങ്കരഭാഷയത്തെ എതിർക്കുന്നൊന്നുമില്ല പക്ഷെ കുറച്ചുകൂടി വിശാലമായൊരർത്ഥം പറയും ഉത്പത്തി വിനാശാതെ സദോ നിർവേശ്യ അവസ്ഥ വിശേഷമാണ് ഉത്പത്തി വിനാശം എന്ന് പറയുന്നത് സത്തായിരുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥാവിശേഷം ഇത് രാമാർ പറയുന്നത് ദ്രവ്യത്തെ സത്തായി സ്വീകരിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യ പറയുന്ന എന്താണ് ഉത്പത്തിച്ച് തയോസ്തി ഭ്രമത്യാത്മനി ആത്മാവിനും മായ കൊണ്ട് ഭ്രമിക്കുകയാണ് എന്താണ് ഉൽപ്പത്തി ലയങ്ങൾ ഉണ്ട് ഒന്നുമില്ല ഉപത്തി ലയങ്ങളൊന്നും ബ്രഹ്മനുചാചര് പറയുന്നത് എന്താണ് അത് ബ്രഹ്മൊന്നും അല്ല ദ്രമീം സ്വത്താണ് അവര് എന്തുകൊണ്ട് ഉത്പത്തി നാശൂരിലാണ് മനുഷ്യന്റെ അനുഭവം അങ്ങനെ തന്നെ അനുഭവിക്കുന്നല്ലേ ഈ അതിങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ എന്താവർക്കും ഭ്രാന്താവുന്നതല്ലാതെ ഒരു മനുഷ്യനും നേരിട്ട് എന്താണ് ഈ പ്രപഞ്ചത്തെ നോക്കുന്ന ഈ ഭ്രാന്ത് ആണ് എന്നൊന്നും ആർക്കും തോന്നില്ല ആ രഞ്ജുസർപ്പം ഭ്രാന്തിയാണെന്ന് തോന്നുന്നു മരുമരീജീത ഭ്രാന്തിയാണെന്ന് തോന്നും അല്ല ലോകത്തെ കാണുമ്പോൾ ഒരു ഭ്രാന്തിയാണെന്നോ ആയക്കെന്തോ തലയ്ക്ക് കുഴപ്പമെന്ന് പറയുന്നു അങ്ങനെ ആർക്കും തോന്നുന്നു എത്ര പറഞ്ഞു കേട്ടാ കേട്ട് കേട്ട് കേട്ട് ചിലപ്പോൾ തിരികെളക്കി കിടക്കുന്ന സ്വാമിമാരൊക്കെ എന്തുകൊണ്ട് പ്രപഞ്ചായത് സത്തായിട്ടാണ് അസത്തായിട്ടോ ഭ്രാന്തിയായിട്ടോ ഒന്നും പ്രപഞ്ചാലും ആർക്കുണ്ടാകും മനുഷ്യന്റെ ബുദ്ധി അങ്ങനെയാണ് പറയുകയോ സതീയ സാവസ്ഥാവിശേഷമാണ് ഉത്പത്തി വിനാശം ഉത്പത്തി വിനാശമെന്നെല്ലാം പറയുന്നത് ദ്രവ്യത്തിന്റെ തന്നെ അവസ്ഥ അന്തരങ്ങളാണ് അത് ഉള്ളതല്ല വിഭ്രാന്തിയൊന്നുമല്ല വിഭ്രാന്തിയാണെന്ന് പറഞ്ഞുകൊണ്ടോ ചിന്തിച്ചുകൊണ്ടോ എന്നും വിഭ്രാന്തിയാകട്ട ഒരു താരമുറയിലും തന്തൃത്വം വലിയ ദ്രവ്യമാണ് സന്ദീവ രചനാവിശേഷയുക്താണ് പടാധീനിച്ച് നൂലുകൾ അതിന്റെ ഒരു പ്രത്യേക സൃഷ്ടി രചന മിച്ച സൃഷ്ടി അതിന്റെ വസ്ത്രം എന്ന് പറയും അത്ര ഒരു നൂലായിരിക്കും വസ്ത്രമല്ല നൂലിന്റെ ഒരു പ്രത്യേക സൃഷ്ടി ക്രമം അതാണ് അതിന്റെ വസ്ത്രമെന്ന് പറയുന്നത് തന്തുപ്രകൃതി ഇങ്ങോലെയുള്ള വസ്തുക്കൾ ദ്രവ്യാണ് സന്ധ്യകൾ അതൊക്കെ ഉള്ളത് തന്നെയാണ് അത് ഭ്രാന്തി സന്ധ്യുള്ളത് തന്നെയാണ് രചനാ വിശേഷ പ്രത്യേക സൃഷ്ടി രൂപത്തിലാവും പടാഗ്രഹിച്ചതിൽ വസ്ത്രമൊന്നും പാത്രമൊന്നും മണ്ണെടുത്താൽ പാത്രമൊന്നും റോഡെടുത്താൽ വസ്ത്രമൊന്നും എല്ലാം പറയും സ്വത്തായിരിക്കുന്ന വസ്തുക്കൾക്ക് മാറ്റം സംഭവിക്കുന്നതാണ് അസത്കാരിമാകുന്ന ഏകാഗ്രവ ഉപലഭ്യതയും അസത്കാരിയായും താർക്കികമായി അവരെന്താണ് പറയുന്നത് കാര്യം സൃഷ്ടിക്കുന്നു അസത്തായിരുന്നു പിന്നെ ഉണ്ടാകും എന്നിട്ട് വസ്ത്രം ഉണ്ടാകുന്നതിൽ നിന്നും അതിന്റെ അഭാവം ഉണ്ടായിരുന്നു അതിനുള്ള അസത്വം എന്ന് പറയും പ്രാഗഭാവം വസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ് വസ്ത്രം ഇല്ല വസ്ത്രത്തിന്റെ അഭാവങ്ങളുണ്ട് പിന്നീട് വസ്ത്രം ഉണ്ടാവും സത്കാരിവാദികളാണ് അദ്വൈതികളും സാധ്യന്മാരും അത് പറയുന്നത് വസ്ത്രം ഉണ്ടാകുന്നതിന് മുമ്പ് വസ്ത്രം ഉണ്ടായി ഉണ്ടാകുന്നതിന് മുമ്പ് അതുണ്ടായി സദവ സൃഷ്ടിക്കുന്നുണ്ടെല്ലാം നമുക്കുണ്ടായി ഇവിടെ പറയൂ അസ്വത്കാര്യവാദിരിക്കും ഏതാവും ദേവുമൂല തിരെ അവർക്കും എന്താണ് അനുഭവപ്പെടുന്നത് ആദ്യം അനുഭവപ്പെടുന്നത് അഭാവം എന്താണ് നൂലാണ് പിന്നീട് അനുഭവപ്പെടുന്നത് എന്താണ് വസ്ത്രമാണ് അല്ലാതെ അഭാവവും വസ്ത്രമെല്ലാം നമ്മൾ നൂലും വസ്ത്രമാണ് അനുഭവപ്പെട്ടത് അത്ര തന്തുസംസ്ഥാന വിശേഷീണ ദ്രവ്യാഗം പ്രതീയത അങ്ങനെ നൂറിന്ന് വസ്ത്രം ഉണ്ടാകുമ്പോൾ ആ നൂലിന്റെ ഒരു വിശേഷാഗ്ര അതിൽ കൂടുതലായിട്ട് പുതിയൊരു വസ്തുണ്ട് വസ്ത്രം ഉണ്ടാകുമ്പോൾ പുതിയൊരു വസ്തു അവിടെ അതുകൊണ്ട് തന്നെ വസ്ത്രമായി അതിന്മാരി ദ്രവ്യാന്തരം കാര്യം കാജ്നേജ് ഭവയുന്ന ഗുരുത്തും അതിരിച്ചനെ ദർശിച്ചു കടയിൽ വിപദേശം എന്ന് മഹാഭാരതത്തിൽ പറയുന്നു വസ്ത്രത്തിൽ നൂല് ഉള്ളടുത്ത് ഒരു കിലോ നൂലെടുത്തൊരു വസ്ത്രം ഉണ്ടായി കഴിഞ്ഞാൽ വസ്ത്രം ഒരു കിലോ തന്നെ ആയിരിക്കും പുതിയൊരു വസ്ത്രം ഉണ്ടായെങ്കിൽ അത് ചിലപ്പോൾ രണ്ട് കിലോ ആയ അങ്ങനെ സംഭവിക്കുന്നില്ല അത് പുതിയൊരു വസ്തു കൂടെ ഉണ്ടാവുകയും മിക്ക ഗുരുത്വം വെയിറ്റ് അതിന് മാറ്റം വരുന്നില്ല പഴയ ഒരു വ്യക്തിയാണ് അനുഭവത്തിലും അതുകൊണ്ട് ദൂരിൽ നിന്ന് വസ്ത്രം ഉണ്ടായി കഴിഞ്ഞാൽ പുതിയൊരു വസ്തുവെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ബുദ്ധിത്വത്തിൽ വ്യത്യാസം അല്ല അതോട് പറഞ്ഞിരിക്കുന്നത് നൈക്കത്ര തന്തു സംസ്ഥാന വിശേഷാഗ്രഹിക്കുന്നു അതിന്റെ ആ സംസ്ഥാന വിശേഷം ആകൃതി വിശേഷം വസ്ത്രം തന്തു വസ്ത്രം അതിൽ നിന്നും കൂടുതലായി ഗർഭിയാന്തരം പ്രതിയതി മറ്റൊരു ഗർഭി അവിടെ ഭാരതം വ്യാപാരം നാമാന്തരഭര വ്യവഹാര വിശേഷണ ഏതാവിട്ടേത് അപ്പൊ അവിടെ നൂലിന് ഒരു അവസ്ഥാന്തരം സംഭവിക്കുന്നു അതാണ് വസ്ത്ര ഈ പറഞ്ഞു വരുന്ന എന്താണ് എങ്ങനെയാണ് നശിച്ചതെല്ലാം നീലുണ്ടാവും എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു പറയുന്നത് അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു കാരകര് വ്യാപാരം ആ വസ്ത്രത്തെ നിർമ്മിക്കുന്നിടത്ത് കാരക വ്യാപാരം എന്ന് പറയുന്നു കാരണമായിരിക്കുന്ന കുവിന്ദൻ അല്ലെങ്കിൽ തന്തുവായു നെയ്ത്തുകാരെയ്ത്തുകാരത്തിന്റെ പ്രവൃത്തി വ്യാപാരം പിന്നെ നെയ്ത്ത് ഉപകരണങ്ങളുടെ പ്രവൃത്തി തുരി വേമ അത് വേണ്ടി നെയ്ത്ത് ഉപകരണങ്ങൾ അതിന്റെ പ്രവൃത്തി അതെല്ലാം കരകം വ്യാപാരങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതെല്ലാം സംഭവിച്ചാലേ നൂലിൽ നിന്ന് വസ്ത്രം ഉണ്ടാവും നാമാന്തരഭരം മറ്റൊരു പേരിനെ ആശ്രയിക്കുന്നു അതുപോലെ അതിനെ നൂലെന്ന് വിളിച്ചു തരുന്നു ഇപ്പൊ അതിന് വസ്ത്രം ഒന്നും നേരത്തെ നൂല് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചുറ്റി കെട്ടാൻ പറ്റും വസ്ത്രം കൊണ്ട് ശരീരം പൊതിയാ അതാണ് വ്യവഹാര വിശേഷം ഇത്രയും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇതിനെല്ലാം അവസ്ഥാന്തരം എന്ന് പറയാം ഏതാവിതായ പ്രത്യേകയിൽ ഇതെല്ലാം കൊണ്ട് എന്താണ് ഒരു വസ്തുവാന്തരം ഉണ്ടാകുന്നില്ല ഒരവസ്ഥാന്തരം ഉണ്ടാവും അതേ സംബന്ധിച്ചു ദ്രവ്യാന്തരങ്ങൾ പിന്നിട്ട് അവിടെ മറ്റൊരു വസ്തു ഉണ്ടാകുന്നു ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കളിലും അങ്ങനെ തന്നെയാണ് അതിന്റെ ഉപാധാനത്തിൽ നിന്ന് ഒരു കാര്യമുണ്ടാകുമ്പോൾ വസ്തുവിനൊരു മറ്റൊരവസ്ഥ ഉണ്ടാകുമ്പോൾ അത്രേ ഉള്ളൂ അവസ്ഥാന്തരം അതാണ് അതിന്റെ പുനർജന്മം ഇപ്പൊ പുനർജന്മത്തിന് നല്ലൊരു വ്യാഖ്യാനമാണ് ഈ പുസ്തകത്തിന്റെ ഒരു പുനർജന്മം ഉണ്ട് എങ്ങനെയാണ് ഈ പുസ്തകത്തെ കത്തിച്ചെന്നിരിക്കട്ടെ കത്തിച്ചു കഴിഞ്ഞാൽ ആ ദ്രവ്യം അത് സത്ത ഉള്ളതാണ് അതെന്ത് ചെയ്യുന്നു നശിച്ചു നശിച്ചിട്ട് എന്ത് ചെയ്യുന്നു ഭസ്മമാകുന്നു എന്ന് വെച്ചാൽ അതതിന്റെ മറ്റൊരു വസ്തു ആകുന്നില്ല അവസ്ഥാന്തരാവസ്ഥ മാറി കാരണം എന്താണ് മുൻപുണ്ടായ സത്തായേരുന്ന അതേ കൃതിയിൽ തന്നെയാണ് ഭസ്മമായാലും വ്യത്യാസമുണ്ട് അപ്പോ ഭൗതിക വാല്യത്തിന് സമ്മന്ധമായ കാര്യങ്ങൾ തികച്ചും കാരണം ഈ പ്രപഞ്ചത്തിൽ എവിടെ പോയാലും ശരി അതിവിശാലമായ പ്രപഞ്ചത്ത് എവിടെ പോയാലും എവിടെയുമുള്ള വസ്തുക്കളില് ആ തന്മാത്രങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നത് മാറ്റം പ്രപുഞ്ചത്തിൽ എവിടെ പോയാലും ഇതേ കിട്ടത്തോ ഇത് എവിടെയാണ് എവിടെ ചെന്നാലും ഉള്ള മൂലകങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇരിക്കും നക്ഷത്രങ്ങളിലിരിക്കുന്ന അതേ മൂലങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും ഒരു വ്യത്യാസം അപ്പൊ എല്ലായിടത്തും സംഭവിക്കുന്ന എന്താണ് സർവത്ര സംഭവിക്കുന്നത് പുനർജന്മമാണ് എന്താണ് എല്ലാത്തിനും അവസ്ഥാതരുകൾ പ്രാപിച്ചുകൊണ്ടേ മുമ്പ് നമ്മൾ ഒരു നക്ഷത്രമായി അതിന്റെ ഭാഗമായി ഇന്നിപ്പം മനുഷ്യനായിരിക്കും എന്തുകൊണ്ടത് ഉറപ്പിച്ചു പറയാം കാരണമാണ് ഇന്നും ഈ കാണുന്ന നക്ഷത്രങ്ങൾ ലഭിക്കുന്ന മൂലകങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു വ്യത്യാസം ഏറ്റവും കുറച്ചിലുകൾ കാണുന്നത് അത്രയുള്ളൂ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് അവസ്ഥാന്തരം മാത്രമേ സംഭവിക്കുന്നുള്ളൂ അവസ്ഥാന്തരത്തിന് എന്ത് പറയുന്നു പുനർജന്മം എന്ന് പറയുന്നു അതൊന്നും വിശദീകരിക്കുന്നു അതുകൊണ്ട് എന്താണ് ഉത്പത്തി വിനാശാദ ഉത്പന്നമാകുന്നു നശിക്കുന്നു വീണ്ടും ഉൽപ്പന്നമാകുന്നു നശിക്കുന്നു എന്ന് പറയുന്നത് സദോദ്രവീസ പ്രധാനപ്പെട്ട കാര്യമാണ് ദ്രവ്യൊന്ന് സത്താണ് അത് ഭ്രാന്തിയല്ല കല്പന തോന്നൽ സത്തായ ദ്രവ്യത്തിന്റെ അവസ്ഥാവിശേഷം അവസ്ഥാവിശേഷം ഓരോ അവസ്ഥകളാണ് അതോ എന്താണോ ഗുണജന്മം എന്ന് പറയുന്നൊരു സത്യമാണ് ഇവിടെ സർവത്തിനും പിള്ളർ ജന്മ സംബന്ധിച്ചുകൊണ്ടേയിരിക്കും സർവത്തിനും അവസ്ഥകൾ മാറിക്കൊണ്ടേയിരിക്കും ഇത് തന്നെയാണ് ആധുനിക ശാസ്ത്രവും പറയുന്നതല്ലാമെന്ന് പറയും എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു അവസ്ഥാന്തരങ്ങൾ അപ്പൊ ഇവിടെ ഇത് പറയുമ്പോ ബ്രഹ്മാനുജാചാര്യത്തില് കുറച്ചുകൂടി യുക്തിയുക്തമായി പറയുന്നു ആത്മാവിനോട് ബന്ധിപ്പിക്കുന്നില്ല അതിനോട് ബന്ധിപ്പിക്കാതെ തന്നെ ആത്മാവിനെ അംഗീകരിക്കാത്തതുണ്ടല്ല ആത്മാവിനെ ഒക്കെ അംഗീകരിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ആത്മാവിനോട് ബന്ധിപ്പിക്കാതെ തന്നെ എന്തിനെ വളരെ യുക്തിയുക്തമായി പഴയ രീതിയിൽ വിചാരിക്കുകയാണ് അപ്പൊ അത് അർത്ഥം ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല പറയുന്നതൊന്നും അസ്വാഭാവികമായിട്ടൊന്നും അപ്പൊ ശരീരം എപ്പോഴും അവസ്ഥാന്തരങ്ങൾ പ്രാപിച്ചു കൊണ്ടേയിരിക്കുന്നു ആ അവസ്ഥാന്തര പ്രാപ്തിയിൽ എന്തിനാണ് ദുഃഖിക്കുന്നത് മരണം അങ്ങനെയുള്ള അവസ്ഥാന്തര പ്രാപ്തിയാണ് മരിക്കുമ്പോ എന്ത് സംഭവിക്കുന്നു ശരീരം ഭസ്മാന്തര ശരീരങ്ങൾ ഭസ്മാവും അല്ലെങ്കിൽ പക്ഷി മൃഗാദികളൊക്കെ പക്ഷിക്ക് പുഴുക്കളിൽ അവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ് പുനർജന്മമാണ് എന്തെന്റെ ശരീരത്തിന്റെ അവസ്ഥാന്തരപ്രാപ്തിയാണ് സർവത്രാധാരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ പിന്നെ ദുഃഖിക്കുന്നത് ജനിച്ചെന്ന് പറയുന്ന ഒരവസ്ഥാന്തരപ്രാപ്തിയാണ് മറ്റൊരവസ്ഥയിൽ നിന്നും ഈ ഒരവസ്ഥയിലേക്ക് വന്നു സൂക്ഷ്മമായ ഒരവസ്ഥയിൽ നിന്ന് സ്ഥൂലമായ അവസ്ഥയിലേക്ക് വീണ്ടും സൂക്ഷ്മമായ അവസ്ഥകളിലേക്ക് പോകും ഇതില് യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമാണ് ആത്മാവ് അവിടെ അതിന്റെ കാര്യം വരുമ്പോ അത് ചർച്ച ചെയ്യും ഉത്പത്തിയാൽ അവസ്ഥ ഉപയാഗസ് ദ്രവ്യസ്ഥ തദ്വിരോധി അവസ്ഥാന്തരപ്രാപ്പം വിനാശിച്ചത് പറയുന്നു ഇവിടെ രാമാനുചാര്യ ദ്രവ്യത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണ് ഈ പ്രപഞ്ചം മൊത്തം ഒരു ദ്രവ്യമാണ് പ്രപഞ്ചത്തെ ഒന്ന് ദ്രവ്യമെന്ന് വിളിക്കുക പ്രപഞ്ചത്തെ ഊർജം രണ്ട് പേരിട്ട് വിളിക്കാൻ പറ്റും രണ്ട് രൂപമേ ഉള്ളൂ പഴയ ആൾക്കാർക്ക് ഇത് ഊർജ്ജവണങ്ങളെ അവർ ഈ പ്രപഞ്ചത്തെ കണ്ട് ദ്രവ്യമായിട്ടാണ് അതുകൊണ്ട് അങ്ങനെ പറയും ഊർജം എന്നൊക്കെ കണ്ടെത്തിയത് ആധുനിക ശാസ്ത്രം അപ്പൊ ദ്രവ്യം ഒന്ന് കണ്ടാൽ മതി ദോഷമൊന്നും ഇല്ല ഉത്പത്യാഖ്യത്പത്യാഖ്യം അവസ്ഥ ഉപയാഗസ് ഉത്പത്തി എന്ന് പറയുന്ന ഒരവസ്ഥയെത്തിച്ചേർന്ന ദ്രവ്യം നമ്മളെല്ലാവരും ജനിച്ചു എന്ന് പറയുമ്പോൾ എന്താണോ നമ്മുടെ അനുഭവത്തിൽ വരുന്നത് സത്തായിരിക്കുന്ന ഒരു ദ്രവ്യത്തിന്റെ ഉത്പത്തിയാണ് അതിന് ഉത്പത്തിയാഖ്യ അവസ്ഥ ഉത്പത്തി എന്ന് പറയുന്ന അവസ്ഥ അതൊരവസ്ഥ മാത്രമാണ് ജന്മം എന്ന് പറയുന്നൊരവസ്ഥ മാത്രമാണ് എന്തിന്റെ അവസ്ഥ ഈ ദ്രവ്യത്തിന്റെ അവസ്ഥ ഉപയാസ്യ അതിനെ പ്രാപിക്കുക ദ്രവ്യസ്യ തദ്വിരോധിയവസ്ഥ അതിന് വിരോധിയായ മറ്റൊരവസ്ഥ വരണം അതിന് വിരോധിയായ മറ്റൊരവസ്ഥകൾ നശിച്ചുപോവുക അതിന് വിരോധിയായ പല അവസ്ഥകളും ഈ ശരീരത്തിൽ വരാം ഓരോ അവസ്ഥക്കും വിരോധിയായ അതിന് വിരോധിയായ ഒരവസ്ഥയാണ് യൗവനം അതിന് വിരോധിയായ ഒരവസ്ഥയാണ് വാർധക്യം അതിനും വിരോധിയായ അവസ്ഥയാണ് മരണം അപ്പോ വിരോധി അവസ്ഥാന്തര പ്രാപ്ത ആത്യന്തികമായിട്ട് അതിന് വിനാശ ജനന മരണങ്ങളിൽ നമുക്ക് ഇത്ര തന്നെയുള്ള അനുഭവത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ആത്മാവും കേവലം പ്രമാണസിദ്ധമാണ് ശ്രുതിസിദ്ധമായ കാര്യമാണ് അത് ഇവിടെ പറയും വ്യാഖ്യാനത്തിലും പറയും ഇനി ആത്മാവിന്റെ കാര്യം പ്രമാണസിദ്ധമാണ് പക്ഷേ ശ്രവണം മനനം നിധ്യാസനം അതിലൂടെയൊക്കെ ആത്മാവിനെ അറിയാൻ കഴിയും എന്ന് പറയും അത് കൂടി അംഗീകരിക്കുന്നു പക്ഷെ നമ്മുടെ അനുഭവസിദ്ധമായ ഉത്പത്തി വിനാശങ്ങൾ എന്ന് പറയുന്നത് അർജുനന്റെ പ്രശ്നം എന്താണ് തന്റെ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം മരിച്ചുപോകുന്നു അതിന് സമാനം പറയണം മരിക്കുക എന്ന് പറയുന്നത് അർജുനം കാണുന്നത് ആത്മാവ് മരിക്കുന്നതാണ് നല്ലതാണ് അപ്പൊ കാണുന്നതല്ലേ സമാനം പറയട്ടെ ശരീരനാശമാണ് ശരീരനാശം വെറും ഒരു അവസ്ഥാന്തരത്തെ പ്രാപിക്കുകയാണ് ആ അവസ്ഥാന്തരം എന്ന് പറയുന്നത് എന്താണ് അതൊരു ജന്മമാണ് ഇല്ലാതാകലല്ല അതാണ് ഇവിടെ പറയുന്നത് അവസ്ഥാന്തരം പ്രാപ്തരും വിനാശം ഒരു ദ്രവ്യത്തിനും മറ്റൊരവസ്ഥയും പ്രാപിക്കുന്നതാണ് മൃദ്രവ്യ പിണ്ടത്വ ഘടത്വ കപാലത്വ ചൂർണത്വാദിമ പർണാമിദ്രവ്യാമപരമ്പര മൃതാന്നും പറയുന്നു മൃത്ത് മണ്ണെടുക്കുക പിണ്ടത്വം അതിനെ ഉരുട്ടിയെടുക്കുന്നു ഒരു ഉരുള ആ അതിന്റെ അവസ്ഥാന്തരമാണ് അതിന്റെ നാശമാണ് പക്ഷെ പിണ്ടാവസ്ഥയുടെ ഉൽപ്പത്തിയാണ് പിന്നെ അതിന് ഘടത്തും അതിന് പാത്രം ഉണ്ടാക്കും അപ്പൊ പിണ്ടത്വ അതിന്റെ പാത്രത്തിന്റെ ഉത്പത്തിയാണ് കപാലത്ത് പൊട്ടിക്കുന്നു ഓടുകളാണ് അപ്പോൾ പാത്രത്തിന്റെ നാശമാണ് ഓടുകളുടെ ഉത്പത്തിയാണ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങനെ പൊടിക്കുന്നു ഓടുകളുടെ നാശം ചൂർണ്ണം പൊടി അതിന്റെ ഉത്പത്തി ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലേക്ക് നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നു ഇതാണ് മരണവും ജന്മവും നാശവും ഉത്പത്തി ഇത് നിരന്തരം പ്രകൃതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ചുകൊടുത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല എന്തുകൊണ്ട് ദുഃഖീ കണ്ട കാര്യം സ്വാഭാവികമാണ് അതുകൊണ്ട് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ രീതിയിൽ അപർജനീയമാണ് ഇനി നമുക്ക് സ്വാഭാവികമല്ല എന്നൊക്കെ ഇപ്പൊ ഒരു അസുഖം വരുന്നു നമുക്ക് തോന്നും സ്വാഭാവികമായ രീതിയിലല്ല അത് സംഭവിച്ചു പക്ഷെ അത് സംഭവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനുള്ള എന്താണ് ഈ അവസ്ഥാന്തരം അപർജനീയം ഇത് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്താണ് അത് അവസ്ഥാന്തരങ്ങൾ വരുന്നത് ഒഴിവാക്കാൻ പറ്റത്തില്ലവിടെ പറയുന്നു ശരീരത്തിന്റെ ആത്യന്തികമായ നാശം അത് ഒഴിവാക്കാൻ പറ്റിയ കാര്യമില്ല അതുപോലെ തന്നെ ശരീരത്തിലേതവസ്ഥകൾ വന്നാലും അവസ്ഥാന്തരങ്ങൾ വന്നാലും അത് അവർജനീയമാണ് എന്തുകൊണ്ട് വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് അവർജനീയമാണ് അത് പരിഹരിക്കാൻ കഴിഞ്ഞു നല്ലത് അത് മറ്റൊരവസ്ഥ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരിഹരിക്കാൻ കഴിഞ്ഞാലും ആ പരിഹാരം അവർജനീയമാണ് അല്ല സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ് രോഗം അവർജനീയമാണ് രോഗ നിവൃത്തിയും രണ്ടിലും ദുഃഖിക്കേണ്ട കാര്യങ്ങൾ അതാണ് ഇവിടെ പറയുന്നത് ശോചത്തും മനസ്സിലും ഇത് ശരീര സംബന്ധിയായി പറഞ്ഞാലല്ലേ അർജുന മനസ്സിലാകത്തുള്ളൂ ജനിക്കുകയും മരിക്കുകയും ചെയ്യാതെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് രാമാനുചാര്യ രക്ഷത് ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് അവർജനീയം എന്ന് പറയണം കാരണം എന്തുകൊണ്ടാണ് അത് സംഭവിച്ചു സംഭവിക്കേണ്ടതാണ് സംഭവിച്ചേ തീരും അത് അതിന് സംഭവിച്ചു ഇനി അതിന് പരിഹാരം ഉണ്ടാവും പരിഹാരം ഉണ്ടെങ്കിൽ അതും അവർജനീയമാണ് തന്നെയാണ് ഇപ്പൊ രണ്ടാരിശയം മനുഷ്യൻ ദുഃഖിക്കേണ്ട കാര്യമില്ല എല്ലാം സ്വാഭാവികം ഇവിടെ സ്വാഭാവികം എന്നുള്ള എല്ലാം സ്വാഭാവികമായും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഉണ്ടോ ശോചിച്ച് പറഞ്ഞു അപ്പൊ മനുഷ്യന്റെ ദുഃഖം ഈ രീതിയിൽ നിന്നുള്ള ഭൗതിക വികാരി സഹായിക്കും ആത്മാവിനെ ഒന്നും അംഗീകരിച്ചില്ലെങ്കിൽ ഭൗതികമായി ചിന്തിച്ചാലും എന്താ പറയുന്നത് എല്ലാം അവർജനീയമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ഒഴിവാക്കാൻ കഴിയാത്ത രീതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ദുഃഖിക്കേണ്ട കാര്യമാണ് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ഒരു കാര്യമാണ് എറണാകുളത്ത് വളരെ പ്രസിദ്ധനായ ഒരു ഡോക്ടർ ആയിരുന്നു ഞാനിപ്പോൾ ചിന്തിച്ചു ഈ ഗീത വായിക്കാനോ വായിച്ചപ്പോലെ അത് ഉൾക്കൊള്ളാനോ എന്താണ് പറ്റിയിരുന്നെങ്കിൽ ഒരിക്കലും ആ മനുഷ്യനെ ആത്മഹത്യ ചെയ്തിട്ട് ഗീത ഉൾക്കൊള്ളു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന എന്തുകൊണ്ടാണ് എന്താണ് അയാൾ ആത്മഹത്യ ചെയ്തത് വളരെ പ്രഗത്ഭനായ ലോകം അറിയപ്പെടുന്ന ഒരു സർജറി അവർക്ക് സ്വയം ഒരു സർജറി വേണ്ടി പിന്നീട് സർജറി ചെയ്യാൻ കഴിയുന്നില്ല കൈ പറയ്ക്കും ഒരു സൂയിസൈഡ് ലോട്ട് തയ്യാറായി അതിലെഴുതി വെച്ച് എന്താണോ എന്റെ തൊഴിലിൽ എനിക്ക് സംതൃപ്തി ഉണ്ടാകുകയില്ല അതുകൊണ്ട് ഞാൻ വേണ്ടിയിട്ടു എന്ന് പറഞ്ഞാൽ പഴയതുപോലെ സർജറി ചെയ്യാൻ പറ്റുന്നില്ല കൈ പറഞ്ഞു അതുകൊണ്ട് ഇന്ത്യയിലെല്ലാം അറിയപ്പെടുന്ന പ്രഗത്ഭനായൊരു നെഫ്രോളജിസ്റ്റാണ് മരിച്ചു കഴിഞ്ഞു ഒരു കഷ്ണം കയറിലെ ജീവൻ അവസാനിപ്പിച്ചു അവിടെ എന്തുകൊണ്ടാണ് സംഭവിച്ചു എന്തുകൊണ്ടാണ് മരിച്ചു തന്റെ തൊഴിൽ തന്റെ പ്രവൃത്തിയും കർമ്മത്തിൽ സംതൃപ്തി ഇല്ല എന്നുകൊണ്ടപ്പോ ആ സംതൃപ്തി ഇല്ലായ്മയെന്ന് പറയുന്നത് ഡിപ്രഷൻ വിഷാദം വിഷാദം പിടിപൂടിയാൽ പിന്നെ അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല വിഷാഖത്തിന്റെ അനന്തരഫലമാണ് സുസൈവത്യ അപ്പൊ എനിക്ക് ഈ തൊഴിൽ ചെയ്യാൻ കഴിയില്ല എന്ന് അറിയുന്ന എല്ലാവരും ആത്മഹത്യ ചെയ്യണമെന്നൊന്നും എനിക്ക് ഇനി ഈ തൊഴിൽ ചെയ്യാൻ കഴിയില്ല പക്ഷെ ഈ തൊഴിൽ ചെയ്യാൻ കഴിയില്ല എന്നറിയുമ്പോൾ വിഷാദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഡിപ്രഷനെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോയാൽ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്യുക അന്ധമായ അഭിനിവേശം അതിനുള്ള അറ്റാച്ച്മെന്റ് താൻ ചെയ്യുന്ന പ്രവൃത്തിയോട് പ്രവർത്തിക്കാനും പ്രവർത്തിക്കാതിരിക്കാനും കഴിവില്ല പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് പേര് അങ്ങനെ കാണാം ചെറിയ ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അർമാരിക്കും അത് പോയി കഴിഞ്ഞാൽ പിന്നെ മുറിയിന്ന് പുറത്തിറങ്ങാതെ കഥകടച്ച് കരഞ്ഞുകൊണ്ടിരിക്കും മറ്റെന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്നത് വരെ അങ്ങനെയുള്ളവർ ഇവിടെ ഇല്ല നിങ്ങളുടെ കൂട്ടത്തില്ല യോഗികളും ത്യാഗികളും സ്വാമിമാരും ഉണ്ടോ ഇല്ല എല്ലാം ഉണ്ട് പ്രവർത്തിക്കാൻ ഉള്ള അഭിനിവേശം പ്രവർത്തിക്കാതിരിക്കാനും അസക്തസം കാര്യം സമാചര് ഈ ഒരു ഒറ്റ വഴി അതിന്റെ ആശയം മനസ്സിലാക്കി മതിയായിരുന്നു അതായിരുന്നു ഗീതയുടെ ആശയല്ല കൊല്ലുന്നതും കൊല്ലിക്കുന്നതും അത് കാടത്തരം തസ്മാ അസക്തസതം കാര്യം കർമ്മസമാചക്തന അന്ധമായ ഒരു അഭിനിവേശം പ്രവൃത്തിയോടില്ലാതെ കാര്യം കർമ്മസമാജ നിന്റെ കർത്തവ്യമായ പ്രവൃത്തിയെ നല്ലവണ്ണം ചെയ്യുക ഇപ്പോ അസക്തനാണ് ചെയ്യുന്നതെങ്കിൽ ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴും ഒരുപോലെ യാതൊരു വ്യത്യാസം രണ്ടിനെങ്ങനെ കാണുന്നു അപരിഹാരി കൂടെ പറയുന്ന രീതി ചെയ്യുന്നത് എന്തുകൊണ്ട് അപരിഹാര്യമാണ് അതും ചെയ്യേണ്ടതാണ് അതാണ് കാര്യം എന്ന് പറയുന്നത് കർത്തവ്യമാണ് ചെയ്യാതിരിക്കുന്ന എന്തുകൊണ്ട് അതും അപരിഹാര്യമാണ് ഒഴിവാക്കാൻ പറ്റിയ കാര്യമാണ് അതാണ് കർമ്മ അകർമ്മയ കർമ്മയ എന്ന് പറയുന്നത് അറിയാശം തന്നെ പറയുന്നത് ഗീതയിലെ നിരന്തര ആവശ്യത്തിന് പറയുന്ന അവരുടെ പ്രായോഗികമായ ഒരാശയം അത് തന്നെ അപർജനീയമായ കാര്യങ്ങളിൽ മനസ്സ് ശാന്തമായിരിക്കുക അപ്പം പിന്നെ മനസ്സ് ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് എന്തോ തനിക്ക് കൈമോശം വന്നുപോയി നഷ്ടം വന്നുപോയി എന്നുള്ള വിചാരത്തിൽ മനസ്സ് തളർന്നുപോലെ ആ മനുഷ്യത്തെ തളർച്ചാണെങ്കിൽ അപ്പൊ ജീവിതം വ്യത്ഥമാണെന്നോ ഇനി എന്താണ് പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് സൂയിസൈഡിലോ തൊഴിലുള്ള സംതൃപ്തി അതെനിക്ക് നഷ്ടപ്പെട്ടു പോയി വളരെ സമർഥനായ ഒരാളാണ് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ച ആളാണ് ഒരുപാട് കിഡ്നി അതാണ് മനുഷ്യന് കർമ്മം ചെയ്യാവുന്ന ശേഷി ആർജിച്ച പോലെ കർമ്മത്തെ സംബന്ധിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുകളാണ് അർജിക്കുന്നത് കർമ്മത്തിന്റെ പിന്നിലുള്ള ശരിയായ ആശയം ഇവിടെ പറയുന്നതുപോലുള്ള ആശയം അത് അറിഞ്ഞിട്ടുണ്ട് ഉത്പത്തിയെ കുറിച്ചും നാശത്തെക്കുറിച്ചും അങ്ങനെ ഒരു ആശയമാണിവിടെ പറയുന്നു ഭൗതികമായി ചിന്തിച്ചാൽ തന്നെ ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് ആത്മാവ് അവിടെ ഇരിക്കട്ടെ ആത്മാവ് അസംഗമാണ് നിസ്സംഗമാണ് ആത്മാവിനൊന്നും പറ്റുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടെ പറയുന്നേ ആ വിഷയത്തിലേക്ക് പോകാതെ എന്ന് പറയുന്നു സത്തായി തെരഞ്ഞെടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നാശത്തിൽ ഒരാൾ വികസനിക്കേണ്ട കാര്യമില്ല എന്നിട്ട് സ്വയം നശിപ്പിക്കേണ്ട കാര്യം ആത്മഹത്യ ചെയ്യേണ്ട കാര്യം വിഷാദം കൊണ്ട് മനുഷ്യന് ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു ആവശ്യവും മനസ്സങ്ങനെ ഒരു വിഷാദാവസ്ഥയിലേക്ക് പോകേണ്ട കാര്യമേ പറയുന്ന കർമ്മ സിദ്ധാന്തം അത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടാണ് അതിപ്പോ ആശ്രമത്തിൽ താമസിച്ചത് കൊണ്ടത് അറിയണമെന്നില്ല ഇനി ആശ്രമത്തിൽ താമസിച്ചത് കേട്ടതുകൊണ്ട് അത് ഉൾക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ആൾക്കാർ ആശ്രമം ആത്മഹത്യ നടക്കുന്നത് അവിടെ നിന്ന് വരുന്നു വിഷാദം വന്നു പിടിക്കുന്നു ഇനി വിഷാദമുള്ളവരാശ്രമത്തിലേക്ക് വരും അവർ ചിലപ്പോൾ സ്വപ്പിടും വിഷാദമൊക്കെ മാറി നിന്ന് പിന്നെ ആശ്രമത്തിൽ വന്നിട്ട് വിഷാദം പിടിപെടുന്നവരുണ്ട് അങ്ങനെ സംഭവം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇച്ഛാ എന്തുകൊണ്ട് കർമ്മത്തെ കുറിച്ചുള്ള ഭഗവാൻ പറയുന്ന സമാച സമയക്കായി കർമ്മത്തെ അനുഷ്ഠിക്കുക അതിന് കർമ്മത്തിന്റെ പിന്നിലുള്ള കാഴ്ചപ്പാട് ശരിയാണ് കർമ്മത്തെ സംബന്ധിച്ച് എന്നിട്ട് പ്രവർത്തിക്കുക എന്നാണ് ആദ്യം ശരിയാക്കേണ്ടത് തന്റെ കാഴ്ചപ്പാടാണ് പിന്നെയാണ് ശരിയാ രണ്ടിനും ഒരുപോലെ കഴിയും ഏത് പ്രവൃത്തി ചെയ്യുന്നവനും എന്തുവേണം പ്രവർത്തിക്കാനും ആ പ്രവൃത്തി ചെയ്യാതിരിക്കാനും അതെങ്ങനെ സ്വമേധയാ ചെയ്യാതിരിക്കാനായാലും ശരി മറ്റെന്തെങ്കിലും സമ്മർദ്ദം കൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റാതെന്നാലും ശരി എന്തായാലും അവൻ കർമ്മഭ്രാന്തില്ലാത്തവനായ ഇവിടെ ഓടി നടന്ന് കർമ്മം ചെയ്യുന്നവരുടെ കർമ്മഭ്രാന്തന്മാരാണ് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പ്രവൃത്തി ചെയ്യുന്നു പക്ഷെ അത് പലപ്പോഴും ഡിപ്രഷന് കാരണമാണ് അത് പിന്നെ സൂയിസൈഡിൽ കൊണ്ടെത്തിക്കാത്ത എന്താണ് അപ്പോ വീണ്ടും അവർക്ക് കർമ്മത്തിന് അവസരം വരുന്നോണ്ടാണ് ഈ ഡോക്ടർ എന്തുകൊണ്ട് മരിച്ചു അയാൾ നോക്കിയപ്പോ അയാളുടെ സർജറി ചെയ്യും അയാൾ ഡോക്ടറാണ് അത് സുഷ്മിനിയുമായി ബന്ധപ്പെട്ടാണ് ഇനിയൊരിക്കലും ഈ കൈവിറയിൽ മാറ്റിയെടുക്കാൻ പറ്റില്ല അപ്പൊ ഇനി ഇനി എനിക്കൊരിക്കലും സർജറി ചെയ്യാൻ പറ്റില്ല വളരെ സങ്കീർണ്ണമായ വളരെ ദീർഘകാല പരിശ്രമം കൊണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തെ പരിശ്രമം കൊണ്ട് അവ ഇതച്ച് തനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാ പിന്നെ ഇനി ജീവിച്ചിരിക്കേണ്ട ഡിപ്രഷൻ വളരെ വേഗം പോവും ഡിപ്രഷനിൽ പോയാൽ തീരുമാനവും പെട്ടെന്ന് തന്നെ എടുക്കും അവിടെ ഗീത സഹായിക്കും ഉറപ്പായിട്ടു എന്ത് നഷ്ടപ്പെട്ടാലും ചെലും ജീവിതത്തിൽ അത് അവർജനീയമാണ് തന്റേതായൊരു നഷ്ടമേ എന്നുള്ള ദൃഢമായൊരു ബോധം അതാണ് പറഞ്ഞു തരുന്നത് ഒന്നും തന്നെ നഷ്ടമുണ്ടോ എല്ലാം ആവർജനീയമായ കാര്യങ്ങളാണ് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതുകൊണ്ട് രാമായണുചാരിചര് പറയാം സദ്ദ്രവ്യസ്യ പിണ്ടത്വ ഭടത്ത് കപാലത്വ ചൂന്നത്വ അത് പരിണാമി ദ്രവ്യ പരിണാമ പരമ്പര അവർജനീയ ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിണാമ പരമ്പര അത് അവർജനീയമാണ് അത് ആർക്കും ഇത് തടുക്കാൻ കഴിയത്തില്ല നിങ്ങൾ തടുത്താൽ അതും ഈ പരമ്പരയിൽപ്പെടുന്നതാണ് അതും അവർജനീയമായൊരു കാര്യമാണ് ചിലപ്പോൾ ചിലതെല്ലാം നമുക്ക് മാറ്റാൻ പറ്റും ചിലപ്പോൾ ചില അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കഴിച്ചത് മാറ്റാൻ പറ്റും ചിലപ്പോൾ അത് കഴിയത്തില്ല എന്തുകൊണ്ട് അത് ഈ പരിണാമ പരമ്പരയുടെ ഭാഗമാണ് അവർജനീയമാണ് സത്തായി ദ്രവ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതൊരു സ്വപ്നമോ കൽപ്പനയോ ഒന്നുകൊണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നാണ് രാമാനുജാചാര് പക്ഷം എന്റെ പക്ഷം പറയുന്ന നോട് പറഞ്ഞാൽ കാലു മാറി ഇന്നലെ വരെ ഇതൊക്കെ കൽപ്പന എന്ന് പറഞ്ഞിട്ട് ഇന്നിതൊക്കെ സത്യം എന്ന് പറയുമ്പോൾ ഞാനെന്തോ കാലുമാറ്റം നടത്തി എന്നാണ് ആൾക്കാരെ ഞാനൊരു കാലുമാറ്റം നടത്തിയിട്ടില്ല ഇന്നലെ വരെ കല്പന എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യം ഇന്ന് സത്യം എന്ന് പറയുന്നത് രാമാനുജാചാര് ഇത്രയുള്ള അതെന്തായാലും ശരി കല്പനയോ യാഥാർത്ഥ്യമോ എന്തോ വായിക്കൊള്ളോട്ടെ എന്താണ് ഈ പരിണാമ പരമ്പര എന്ന് പറയുന്നത് അവർജനീയമാണ് അപ്പോ ഇവിടെ ഒരു വാക്കുപയോഗിച്ച് എന്താണ് ധ്രുവം ജന്മം പ്രത അതിനാണ് ഉറപ്പാണ് നശിച്ചു കഴിഞ്ഞാൽ പുനർജനി അത് ഇവിടെ ഏത് നിയന്തിനും എന്തുകൊണ്ട് ഇത് ഒരു പരിണാമ പരമ്പരയാണ് അതങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഭൗതികശാസ്ത്ര ഇത് എന്ന് ഒരു ചെറിയ വ്യത്യാസം ഭൗതികശാസ്ത്രത്തിൽ ഭൗതികത്തിന് അപ്പുറം വസ്തു അതിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നില്ല അതിന്റെ പരിണാമത്തെ അംഗീകരിക്കുന്നില്ലെന്നുള്ളത് രാമാനുജാചാര്യനും എന്താണ് ഭൗതികത്തിനപ്പുറം എന്ന് പറയുന്നില്ല ഭൗതികവിശിഷ്ടമായ വസ്തു ഭൗതികത്തെ പൂർണമായും കൈവടിയും അതുകൊണ്ടാണ് ഭൗതിക പരമ്പരാ സത് പരമ്പരയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അവർജനീയമാണ് അതുകൊണ്ടെന്നാണ് സൂചിതം നാരാസ്യം തത്ര പൂർവാസ്ഥാത വിനാശം പൂർവാവസ്ഥയിലുള്ള ഒരു ദ്രവ്യം നേരത്തെ പറഞ്ഞു പിണ്ടം അങ്ങനെയുള്ളൊരു വസ്തു ഉത്തരാവസ്ഥാപ്രാപ്തി അത് പാത്രമായി മാറും അവിടെ വരുന്നു പൂർവാവസ്ഥ മരണ സംഭവിക്കും ഉത്തരാവസ്ഥയ്ക്ക് ജന്മ സംബന്ധിച്ചു ഇതാണ് മരണവും ജന്മവും പറയുന്നത് സേവ ആ ഉത്തരാവസ്ഥാപ്രാപ്തി തത് അവസ്ഥ ഉത്പത്തി അതാണ് എന്റെ തദ്വസ്ഥ ഉത്പത്തി എന്നുവെച്ചാൽ ആ ഉത്തരാവസ്ഥാപ്രാപ്തി അതാണ് സേവ ത ആ അവസ്ഥയിലുണ്ടായത് രണ്ടാമത്തെ അവസ്ഥ ആദ്യത്തെ അവസ്ഥ എന്തായാലും പിന്തുണ രണ്ടാമസ്ഥ അവസ്ഥ എന്നാണ് പാത്രം അപ്പൊ പൂർവാവസ്ഥ ദ്രുവ്യ ഉത്തരാവസ്ഥാ പ്രാപ്തി എന്ന് പറഞ്ഞ പാത്രം എന്ന് പറഞ്ഞ അവസ്ഥയെ പ്രാപിക്കുക അത് പൂർവാവസ്ഥയിൽ ആ പ്രാപ്തി പുതിയൊരവസ്ഥയെ പ്രാപിക്കുക പാത്രരൂപത്തിലാകുന്ന അത് കഥ അവസ്ഥ ആ അവസ്ഥയിലുള്ള ആ വസ്തുവിന്റെ ഉത്പത്തിയാണ് അപ്പൊ നാശ എന്ത് നശിച്ചാലും അതിന് ഉൽപ്പത്തിയുണ്ട് ാശ പരണാമ പരമ്പര അതുകൊണ്ട് ഉത്പത്തി വിനാശ ഈ പരിണാമ പരമ്പര പരിണാമിനോ ദ്രവ്യസ് അപരിഹാരി അവിടെ അവിടെ ഒരിക്കലും ആത്മാവിനേക്കൊന്നും ഈ ഉത്പത്തി വിനാശങ്ങൾ എവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പരിണാമിയായ ഒരു ദ്രവ്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഭൗതികശാസ്ത്രം പറയുന്ന പോലെ എന്താണ് മാറ്ററാണ് പരിണമിച്ചുകൊണ്ടിരിക്കുന്നത് സർവപരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്ററിലാണ് അതുകൊണ്ട് അവരെന്ന് പറയുന്നു മാറ്ററിൽ സംഭവിച്ച ഒരു പരിണാമമാണ് ജീവൻ ആ ജീവനിൽ സംഭവിച്ച ഒരു പരിണാമമാണ് കോൺഷ്യസ്നെസ് അത് ഭൗതികശാസ്ത്രത്തിന്റെ നിലപാടാണ് ആധുനിക പരിണാമത്തിന്റെ നിലപാട് രാമായുജാകത്തിൽ നിന്നിട്ടുവാൻ നിലപാട് സ്വീകരിക്കത്തില്ല ഞാൻ പറഞ്ഞു എന്നുള്ളതേ അപ്പോ ഇവിടെ പറയുന്നത് എന്താണോ പരിണാമിയായ ദ്രവ്യത്തിന്റെ ഈ ഉത്പത്തി വിനാശങ്ങളാണ് നമ്മളെ അനുഭവിക്കുന്നതല്ല അല്ലാതെ ആത്മാവിനെ സംബന്ധിച്ചൊന്നും നമ്മൾ അനുഭവിക്കുന്നില്ല നമ്മളനുഭവിക്കുന്ന കാര്യം പറയുക ആത്മാവിനെ സംബന്ധിച്ച് എന്തെങ്കിലും അനുഭവിക്കണമെങ്കിൽ അതൊക്കെ പറയും ശ്രവണം പഠനം നയസനം എന്നെല്ലാം പറയും നമ്മൾ അതൊന്നും അനുഭവിക്കുന്നില്ല നമ്മളനുഭവിക്കുന്നത് എന്താണ് പുസ്തകത്തിൽ വിനാശാശി പരിണാമ പരമ്പരാ പരിണാമിനോ ജന്മിച്ചു പരിണാമിയായ ദ്രവ്യത്തിൻ്റെ ഇതെല്ലാം തന്നെ അപരിഹാരം ഇത് തന്നെയാണ് എന്നുവെച്ചാൽ ഭീഷ്മികളെല്ലാം എന്താണ് ഈ ദ്രവ്യരൂപത്തിൽ അവർക്കെല്ലാം പട്ടണാമത് സംഭവിക്കേണ്ടത് തന്നെയാണ് തത്ര അവിടെ നശോചിതം പ്രവേശിച്ച് നീ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവും അതിന് ആത്മാവിനെ കുറിച്ച് തൽക്കാലം ചിന്തിക്കേണ്ട കാര്യമില്ല ഇനി ചിന്തിക്കുകയാണ് അപ്പോ ശങ്കരാചാര്യത്തെ പറഞ്ഞ ഒരർത്ഥമല്ലേ രാമാനുചാര്യത്തെ പറയും തികച്ചും ഭൗതികത്തിൽ നിന്നുകൊണ്ടാണ് ഭൗതികമായി ചിന്തിച്ചാൽ അവിടെ ദുഃഖത്തിന് യാതൊരു അവകാശവും ഇല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഗീതയുടെ അർത്ഥം എന്ന് പറയുന്നത് നമ്മള് വായിക്കുന്നതും കേൾക്കുന്നതും എല്ലാം മതപ്രഭാഷണത്തിൽ കേൾക്കുന്നതും എഴുതി വച്ചിരിക്കുന്നതെല്ലാം ശങ്കരാചാര്യർ പറഞ്ഞ അർത്ഥം മാത്രമാണ് ഇനി രാമാനുചാചാര്യർ എഴുതിയ അർത്ഥം കൂടി മലയാളത്തിൽ വരണം മലയാളത്തിലല്ല ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലും വരണം എന്നാലേ ഗീതയുടെ വിശാലമായ അർത്ഥം ആൾക്കാർക്ക് മനസിലാക്കാം ഏ അങ്ങനെ ഏത് അത് രാമായുജയത്തിലും മലയാളത്തിലും കാണും അത് പോരല്ലോ അങ്ങനെയൊന്നും പ്രചാരമില്ല അത് കാണും ഇവരുണ്ടൊക്കെ കാണും ഹിന്ദിയിലുണ്ടല്ലോ അതില്ല ഞാൻ പറയുന്നു പ്രചാരത്തിൽ ഇരിക്കുന്ന നിങ്ങളുടെ ഒരു മതപ്രഭാഷത്തിന് പോയാൽ നിങ്ങൾ തട്ടിവിടുന്ന ഏതർത്ഥമാണല്ലോ നിങ്ങൾ വായിക്കുന്ന ഏതെങ്കിലും ഒരു മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഓരോ അർത്ഥം എടുത്തിട്ടായിരിക്കും ആ അർത്ഥം ആരുടെ ആയിരിക്കും ശങ്കരാചാര്യർ പറഞ്ഞ അർത്ഥമായിരുന്നു അതിലും ഉപരിയായ അർത്ഥം അതിനുണ്ടെന്നാണ് ഞാൻ പറയുന്നത് അതിലും വിശാലമായ അർത്ഥം ചെയ്തിട്ടുണ്ട് എന്ന ഓരോ സ്ഥലത്തും നമുക്ക് മനസ്സിലാവും അപ്പൊ അതിൽ തന്നെ സങ്കോചിപ്പിക്കാൻ പാടില്ല എന്നാണ് അതും കൂടി ഉൾക്കൊള്ളണം രാമാനുജാചാര്യർ പറഞ്ഞേലും കാര്യങ്ങളുണ്ട് വിശേഷിച്ച് നിന്നത്തെ ഡോക്ടർ എന്താണ് ഞാൻ പറയുന്നതിന് എന്തായാലും ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത്